शांत तमनरम അന്തരായത്തിരുപാത്താത്തപാവനമ ചിന്യൈഭവം ബഹുഷിപ്പുഞ്ജലം മന്മഹേമന്തിലം മഹാ ഗുരുബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദിവോ മഹേശ്വര ഗുരുസക്ഷാ പരം ബ്രഹ്മ श्री ശ്രീഗുരവേ നമ ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദ വിഭാഗി വ്യോമവ്യാത്തേ ദക്ഷിണമൂർത്ത പാർയ പ്രതിബോധിത നാരായണേന സ്വയം വ്യാസന ഗ്രഥിത പുരാണമുനി മധ്യേ മഹാഭാരത भगवद्गीते അദ്വൈതമൃതവർഷിണവധ്യം ധാ ഭഗവത്ഗീതീ നമോസ്തു വ്യാസവിശാലുദ്ധി ഫുല്ല പത്രേത്രയാ प्रज्वालितो ജാനമയ प्रदीपहम പ്രിജത്രേത്രൈക്കാണേ ജനമുദ്രാ കൃഷ്ണ ഗീതമൃതദുഹേന വസുദേവസുത കംസചാണൂരമർദന ദം കൃഷ്ണ വന്ദേ ജഗദ്ഗുരു മൂക്കം കരോതി വാചാ പങ്കും ലംഘയത്തെ ഗിരി യത് വേ പരമാനന്ദമാധവം യം ബ്രഹ്മാവരുണേന്ദ്രരുദ്രമരുത സ്തുവ്യൈ സ്തൈ വേദൈസക്മോപനിഷദൈർഗായമഗാ ധ്യനവസ്ഗത്തെ നനസാ പശ്യം യോഗിനോ യം നവിദുസുരാഗണാ എല്ലാ ഭാവങ്ങളും എന്റെ അടുക്കൽ നിന്നാണ് വരുന്നത് എന്ന് ഭഗവാൻ പറഞ്ഞു മത്തയേവ പൃഥക്വിധാ നമുക്ക് പ്രപഞ്ചം കാണുന്നുണ്ട് കണ്ണടച്ച ഉള്ളിൽ മനസ്സ് കാണണം ഈ രണ്ട് കാര്യമാണ് നമ്മൾ കാണുന്നത് പുറത്ത് നോക്കിയാൽ ലോകം അകത്ത് കണ്ണടച്ചാൽ മനസ്സ് ചിത്തവൃത്തികൾ മാനസപ്രത്യക്ഷം ബാഹ്യപ്രത്യക്ഷം പുറമേക്ക് കാണുന്നതാണിപ്പോൾ നിങ്ങളെയൊക്കെ കാണാം കണ്ണടച്ചാലോ എന്തൊക്കെ ചിത്തവൃത്തികളുണ്ടോ അതൊക്കെ കാണും ഈ ചിത്തവൃത്തികളും പുറമേക്കുള്ള വിഷയങ്ങളും ഭഗവാൻ അഞ്ചാമത്തെ അധ്യായത്തിൽ പറഞ്ഞു യോഗി രണ്ടിനെയും സാക്ഷിയായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു പുറത്തൊരു വിഷയം കാണുമ്പോൾ അതിന് ആനുപാതികമായിട്ടൊരു വികാരം അകത്തുണ്ടാവും പുറത്തുള്ള വിഷയത്തിനെ എങ്ങനെ സാക്ഷിയായിട്ട് കാണണോ അതുപോലെ തന്നെ ഉള്ളിലുള്ള വികാരത്തിനെയും സാക്ഷി മാത്രമായിട്ട് തത്വവിത്ത് കാണുന്നു എന്ന് ഭഗവാൻ പ്രകാശം ച പ്രവൃത്തിം ച മോഹമേവ ച പാണ്ഡവ ഗുണ ഗുണേഷനച്ചത് ഉള്ളിലും ഗുണം ത്രൈഗുണ്യം സത്വഗുണം രജോ ഗുണം തമോ ഗുണം പുറത്ത് വിഷയം ഇതിനും അതിനുള്ള സംബന്ധം എനിക്കെന്തുപോയി സാക്ഷിയ യോഗത്തിൻ്റെ പ്രഥമദ്വാരം തന്നെ ഈ സാക്ഷിഭാവമാണ് മനസ്സില് വൃത്തികൾ വരണു കാണാൻ പഠിക്കണം ഈ മൈക്കിനെ കാണുന്ന പോലെ ദേഷ്യം വരണു ദേഷ്യത്തിനെ ദേഷ്യം വരണു എന്നറിയണ്ടല്ലോ അപ്പോ പുറത്തൊരു സാധനത്തിനെ കാണുന്ന പോലെ ദേഷ്യത്തിനെ കാണുന്നു ഇതാണ് ആദ്യത്തെ പ്രാക്ടീസ് അഭ്യാസം ദേഷ്യം വരുമ്പോ അപ്പൊ തന്നെ പോയി റൂമിൽ പോയി വാതിലടച്ചിട്ട് ഈ ദേഷ്യം എങ്ങനെ പൊന്തുന്നു ദേഷ്യം എന്തൊക്കെ ചെയ്യണു അതൊരു ഒരു സാധനമാണ് ഒബ്ജക്ടാണേ ചിലര് സിനിമയൊക്കെ കണ്ടുകഴിഞ്ഞാൽ സിനിമയിൽ ഐഡന്റിഫൈ ആവും സ്ക്രീനിൽ കാണുന്ന ഫിഗറിലെ ഐഡന്റിഫിക്കേഷൻ വരും അതേപോലെ ഉള്ളിലൊരു സ്ക്രീനാണ് ഈ മൈൻഡ് പക്ഷെ അതിന് സ്പേസ് ഇല്ലാത്തത് നമ്മൾ ഒന്നായിട്ട് പോവാണ് യു ഹ് ടു ഫൈൻഡ് സ്പേസ് എന്നിട്ടാ ദേഷ്യം വരണു കോപം വരണു അസൂയ വരണു ഇതൊക്കെ ഒബ്ജക്ട് ആണ് ചിലപ്പോ ഭക്തി വരണു ചിലപ്പോ ധ്യാനം വരണു സുഖമായിട്ടിരിക്കണു എല്ലാ സത്വഗുണം വരുമ്പോ നല്ല സുഖം ധ്യാനം ഇങ്ങനെ ഇരിക്കുമെന്ന് വിചാരിച്ച നാളെ അതേ സ്ഥാനത്ത് ദേഷ്യം കുറച്ച് കഴിഞ്ഞാൽ അതേ സ്ഥലത്ത് ഉറക്കം ഇതൊക്കെ മെയിൻ മനസ്സാണ് ഉറക്കവും മനസ്സാണ് കോപമും മനസ്സാണ് നിങ്ങളുടെ ഭക്തിയും മനസ്സാണ് പ്രിയമും അപ്രിയമും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന യഹാ വിജാനാതി സർവം സാക്ഷി മാത്രമായിട്ട് ആരാണോ എല്ലാത്തിനെയും കണ്ടുകൊണ്ടിരിക്കുന്നത് ആ സാക്ഷക്കാരൻ ആ സാക്ഷി അയാൾക്കൊരു മാറ്റവും ഇല്ല ആ ജ്ഞപ്തി ആ ജപ്തിയാണ് ആത്മാ അതാണ് ബോധം നമ്മുടെ സ്വരൂപം ആ ഞപ്തിയിലെ എല്ലാ ഉദിക്കുന്നു നിൽക്കുന്നു അസ്തമിക്കുന്നു അതിനെയാണ് ക്ഷേത്രജ്ഞൻ എന്ന് പറഞ്ഞത് ചിത്ത് എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നു വെളിച്ചം ജാഗ്രത്തിലെ എല്ലാത്തിനേയും കാണുന്നു സ്വപ്നത്തിലെ എല്ലാത്തിനെയും കാണുന്നു സുഷുപ്തിയില് ഒന്നും അറിയണില്ല എന്നുള്ളതിനും അത് ജപ്തിയായിട്ടിരിക്കുന്നു അവയർനെസ് അതിലാണ് ബുദ്ധിർ ജ്ഞാനം അസമോഹ ക്ഷമ സത്യം ദമഹ ശമഹ എല്ലാ വികാരങ്ങളും നല്ലതും ചീത്തയും ഒക്കെ അതിലുദിച്ച് അതിൽ നിന്ന് അസ്തമിക്കണം ഭയം അഭയമേ വെച്ച് എല്ലാം അതിലുദിക്കുന്നു അതിൽ നിൽക്കുന്നു അതിലടങ്ങുന്നു സമത തുഷ്ടി തപസ് എല്ലാം മായിട്ട് പുറമേക്കോ മഹർഷയോ സപ്തപൂർവേ ചോ മനവസ്ഥ ഭഗവാൻ പറഞ്ഞു ആദികാലത്തിലുള്ള സൃഷ്ടിയിലുള്ള ദിവ്യമായ ഭഗവത് രൂപങ്ങളടക്കം മഹർഷിമാരടക്കം ദേവന്മാരടക്കം കാണുന്ന അമീബ വരെ എല്ലാം എന്നില് ആണ് ഉണ്ടായി നിന്ന് പറയുന്നത് ഇമാന ഭഗവാൻ പറഞ്ഞു എന്റെ സങ്കല്പത്തില് ഉണ്ടായതാണ് ഇതൊക്കെ ഏഷാം ലോകേ ഇമാഹപ്രജാ ഈ ലോകത്തിലെ ഈ പ്രജകള് സൃഷ്ടികൾ ഒക്കെ ഭഗവാനിൽ ഉദിച്ചു ഭഗവാനിൽ നിന്നു ഭഗവാനിൽ അസ്തമിച്ചു ഇതാണ് വേദാന്തത്തിന്റെ അൾട്ടിമേറ്റ് നിരൂപണം ദ എൻഡ് ആൻഡ് കൺക്ലൂഷൻ ഓഫ് സയൻസ് വെർ സയൻസ് ഹാസ് ടു എൻഡ് വേദം എന്ന് പറഞ്ഞാൽ ഒരു വിധത്തിൽ സയൻസ് എന്ന് പറയാം വേദാന്തം എന്ന് വെച്ചാൽ എൻഡ് ഓഫ് സയൻസ് എന്നുവച്ചാൽ സയൻസൊക്കെ ചെയ്ത് അറിഞ്ഞ് കണ്ടുപിടിക്കുന്ന വിദ്യകളാണല്ലോ അതൊക്കെ അവിടെ അവസാനിച്ചു അതിനൊന്നും അവിടെ പ്രവേശല്ല അറിവ് അവസാനിക്കുകയാണ് അവിടെ കാരണം അറിവെന്ന് പറയുന്നതും ഒരു മാനിഫെസ്റ്റേഷൻ മാത്രമാണ് സ്വയം പ്രകാശമായ ചിത്തിൽ എല്ലാം ഉദിച്ച് നിന്ന് അസ്തമിക്കുകയാണ് തോ ഉദിക്കുന്നു നിൽക്കുന്നു അസ്തമിക്കുന്നു ജായത്തെ തിഷ്ഠതീ ലീയത്തെ അതിലൂദിക്കണു അതിൽ നിൽക്കണു അതിൽ ലയിക്കണു ആ സ്വയം പ്രകാശമാനമായ ഛിത് ബോധം അത് എല്ലാത്തിനും അധിഷ്ഠാനമായിട്ട് നിന്നുകൊണ്ടിരിക്കണു അത് അതാണ് എല്ലാത്തിനും ഇതാണ് വേദാന്തത്തിന്റെ അൾട്ടിമേറ്റ് നിരൂപണം അതായത് നമ്മളൊക്കെ എവിടെ നിന്ന് ഉദിച്ചു ചോദിച്ചാൽ ആദ്യത്തെ ഉത്തരം അന്നം അന്നാദ്ഭൂതാനി ജായന് അന്നേന വർദ്ധന് തേ അദ്ധ്യത അത്തിജ ഭൂതാനി ശ്രുതി തന്നെ പറയണത് അന്നത്തിൽ നിന്നുണ്ടായി അന്നം കഴിച്ചു ജീവിക്കണു ഒരു ജീവിക്ക് വേറൊരു ജീവി അന്നം ഇതാണ് പ്രകൃതിയിൽ കാണുന്നത് അഹസ്തസ്നാ ദ്വിപദാ ചതുഷ്പദാം ഫൽഗൂനി തത്ര മഹതാം जीवो जीवस्य ജീവനം ഒരു ജീവന് വേറെ ഒരു ജീവൻ അന്നം പടിപ്പടിയായി പ്രാണൻ മനസ്സ് അങ്ങനെ ആരാഞ്ഞു പോയി അവസാനം ശ്രുതി പറയണത് ആനന്ദം ആനന്ദംന്ന് വെച്ചാൽ ബ്രഹ്മം ഭഗവാൻ ഭഗവാനിലെല്ലാം ഉദ്ഭവിക്കുന്നു ഭഗവാനിലെല്ലാം നിൽക്കുന്നു ഭഗവാനിലെല്ലാം ലയിക്കുന്നു നമ്മളുടെ അധിഷ്ഠാനം സോഴ്സ് ഒരു മാറ്ററല്ല ഇറ്റ് ഈസ് ഡിവിനിറ്റി ഇറ്റ് സെൽഫ് ശുക്ല ശോണിത സംയോഗമൊന്നുമല്ല അത് വെറും ഒരു വ്യാജമാണ് ഈശ്വരനാണ് സയൻസ് എന്ന് പറയണത് ശരിക്കും പറഞ്ഞാൽ വെറൊരു ഇന്ദ്രജാലം ഒരു ജപ്പിടി വിത്ത ഒരു പറ്റിക്കൽ മാത്രമാണ് ഈശ്വരന്റെ ഒരു ചമത്കാരവും ഈശ്വരൻ കാണാൻ സമ്മതിക്കില്ല മരണം എങ്ങനെ സംഭവിച്ചു ഹാർട്ട് അറ്റാക്ക് എന്ന് പറയും അല്ലെങ്കിൽ ക്യാൻസർ എന്ന് പറയും മരണത്തിന് വാസ്തവത്തിൽ ഒരു കാരണവും വേണ്ട ഈ പറയുന്ന കാരണങ്ങൾ കൊണ്ടൊന്നും മരിക്കാതെ എത്രയോ പേര് ഇരിക്കും മരിക്കുമ്പോ മരിക്കണു ഈശ്വരൻ കൊണ്ടുപോകണു ആ സമയമാവുമ്പോ ആ കാലപുരുഷൻ കൊണ്ടുപോകും പക്ഷെ അങ്ങനെ ആരെയും കൊണ്ടും പറയിപ്പിക്കില്ല അതേപോലെ കുഞ്ഞുങ്ങളെങ്ങനെ ജനിച്ചു എന്ന് ചോദിച്ചാൽ സ്ത്രീ പുരുഷ സംയോഗം കൊണ്ടാണെന്ന് സ്ത്രീ പുരുഷ സംയോഗം കൊണ്ട് എത്ര പേരാ കുഞ്ഞുങ്ങൾ ജനിക്കാതെ വിഷമിച്ചുകൊണ്ടിരിക്കണ മത്തയേവ ഭഗവാൻ പറഞ്ഞത് എന്നാണ് വരണത് ഈശ്വരനിൽ നിന്നാണ് ൂ സയൻസ് സൈക്കാട്രി ഇതൊക്കെ കൂടെ ആളുകളെ ഈശ്വരത്വത്തിൽ നിന്ന് അകറ്റിക്കൊണ്ടേ പോവാണ് ജടത്തു നിന്നാണ് ഉണ്ടാവണത് മനസ്സ് നിന്നാണ് ഉണ്ടാവണത് വികാരത്ത് നിന്നാണ് യു ആർ ബീങ് ടേക്കൺ അവേ ഫ്രം ദ ഡിവൈൻ സോഴ്സ് ഭഗവാനെന്ന് അകറ്റിക്കൊണ്ട് പോവാണ് ഈശ്വരൻ ഉണ്ടാവുന്നത് ഈശ്വരനാണ് മൂലഭൂത വസ്തു പക്ഷെ ഈശ്വരൻ കാണാൻ സമ്മതിക്കണില്ല എന്താന്ന് വെച്ചാൽ മായ എന്ന് പറഞ്ഞത് അതാണ് ഈ കാരണം കൊണ്ടുണ്ടായി കശ്വിശ്വം പശ്യതി കാര്യകാരണതയാ സ്വസ്വാമി സംബന്ധത ഈ കാരണം കൊണ്ടുണ്ടായി ഇങ്ങനെ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ് നമ്മള് വിശ്വസിപ്പിച്ച് മൂലഭൂതമായ വസ്തുവിനെ മറന്നുകളയ ചൈതന്യമാണ് മൂല കാരണം മത്തയേവ പൃഥക്വിധാ എല്ലാത്തിനും ഒറ്റ ഉത്തരമേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പഠിക്കാനുള്ള നഴ്സറി ക്ലാസ്സിൽ പോയി ഒരു ദിവസം ആദ്യത്തെ ദിവസത്തോടെ പഠിപ്പ് അവസാനിച്ചു ജന്മാദ്യ കഴിഞ്ഞു ഇനി ഒന്നും പഠിക്കാനില്ല ഒന്നാം ക്ലാസ്സിൽ പോയി കുട്ടികളെ എത്ര എളുപ്പം നോക്കും മെനക്കെട്ട് ബുദ്ധിമുട്ടി പാവൻ ടെൻഷൻ ഡിപ്രഷൻ രണ്ടാം ക്ലാസ് കുട്ടികളൊക്കെ വന്നു സ്വാമി ഡിപ്രഷൻ അടിയാണ് കൊടുക്കണ്ട വന്നാലേ അച്ഛനും അമ്മമാരൊക്കെ പറയണത് കേട്ടിട്ട് പറയായിരിക്കും ആരും ഉണ്ടോ എന്താന്ന് വെച്ച് പറയാമയ്യാ ഒരു വേണ്ടാത്തൊക്കെ പഠിപ്പിക്കുക പ്രോജക്ട് വർക്ക് എന്ന് പറഞ്ഞ് ചിത്രം വരപ്പിക്ക എന്തൊക്കെയോ ഒരർത്ഥമില്ലാത്ത കുട്ടികളെ നമ്മളുടെ ഈഗോ വാനിറ്റി മുഴുവനും കുട്ടികളുടെ തലയിൽക്ക് അടിച്ചു കയറ്റാണ് ഇതൊന്നും പഠിക്കാനില്ല ആനന്ദോ ബ്രഹ്മേ ദിവ്യജാനാത് കഴിഞ്ഞു ആനന്ദത്തിലാണ് എല്ലാം ഉണ്ടാവണതപ്പ ആനന്ദത്തിൽ നിൽക്കണു ആനന്ദത്തിൽ ലയിക്കണു ആനന്ദമാണു ബ്രഹ്മം ആനന്ദാ ഖലു ഇമാനി ഭൂതന് ആനന്ദേന ജാതീവ് ആനന്ദം പ്രയന്ത് അഭിസംവിശ്തി സൃഷ്ടി ആനന്ദമാണ സ്ഥിതി ആനന്ദമാണ മരണമനന്ദ ഭൂമഹ എന്താ ശിവാനന്ദരായ്മ ആനന്ദ സാന്ദ്രോ ഭവാന് ശങ്കരാചാര്യ പറഞ്ഞു സംഹാരം ചെയ്യുമ്പോൾ രുദ്രൻ എങ്ങനെയായിരിക്കണം വെച്ചാൽ ആനന്ദ താണ്ഡവം എന്നാണ് ആനന്ദ സാന്ദ്രനായിട്ട് ഇതിനൊക്കെ അധിഷ്ഠാനം എന്താണ് ആനന്ദമാണ് ശോകമൊന്നുമല്ലേ ബുദ്ധമതത്തിനെ എന്തുകൊണ്ടാണ് വേദാന്തികൾ എതിർത്തത് എന്ന് ശൂന്യം ശൂന്യം അത് കേട്ടാൽ തന്നെ നമുക്ക് ശൂന്യതയുടെ പ്രതീതി വരും ബുദ്ധിയിൽ ആ വാക്കുപയോഗിക്കുന്നത് തന്നെ ഒരു കുഴപ്പമാണ് ചില വാക്കുകളൊന്നും ഉപയോഗിക്കാൻ പാടില്ല പാഴ് എന്നാണ് തമിഴിലതിനെ വാക്ക് ശൂന്യം എന്നുള്ളതിന് ശൂന്യം നിങ്ങൾ പറയണത് ആനന്ദം തന്നെയാണ് ഞങ്ങൾ ശൂന്യം പറഞ്ഞത് ഇന്നപ്പോ ആനന്ദം തന്നെ പറഞ്ഞുകൂടെ എന്തിനാപ്പം ശൂന്യം എന്ന് പറയണതെന്ന് അല്ല ശൂന്യമാണ് അത് ഒരു ഡയമെൻഷനാണ് പക്ഷെ നമ്മൾ പറയുമ്പോ ഉള്ള വസ്തു ഉള്ളതിന് അസർപ് ചെയ്യുന്നതിന് പകരണം ഇല്ലാത്തതിന്റെ അവിടേക്ക് എന്തിനു പോണം ആനന്ദം പൂർണമാണ് ഇവിടെ ഈ ആനന്ദ ആനന്ദമാണ് എല്ലാത്തിനും സോഴ്സ് ആനന്ദം എന്ന് വെച്ചാൽ ഭഗവാന്റെ സ്വരൂപം അതാണ് ഭാഗവതത്തിലെ കൃഷ്ണാവതാരത്തിൽ ഭഗവാൻ അവതരിക്കുമ്പോ ആനന്ദരൂപ ഭഗവൻ ഐ ദേവതാദേ പ്രാപ്തേ പ്രദീപ്തഭവദംഗ നിരീയമാണി കാന്വ്രജരിവ ഘനാഘനമണ്ഡല ആവൃണ്ഷവേള ആനന്ദരൂപഭവൻ അപ്പൊ ആനന്ദം ഭഗവാന്റെ സ്വരൂപമാണ് അതെന്നാണ് ഈ പ്രജകളും സൃഷ്ടിയുമൊക്കെ ഉണ്ടായത് അങ്ങനെ സൃഷ്ടിയുടെ മൂലമായ വസ്തു ഭഗവാനാണ് എന്ന് നിരൂപിച്ച ശേഷം എല്ലാറ്റിലും ദിവ്യത്വം കാണുന്നു ഒരു അജ്ഞാനം നമ്മളുടെ ഉള്ളിലുണ്ട് എന്താ അജ്ഞാനത്തിന്റെ സ്വരൂപം വെച്ചാൽ ബ്രഹ്മത്ത് നിന്നും അന്യമായ വസ്തു ഉണ്ട് എന്നുള്ളതാണ് അജ്ഞാനം എത്ര അന്യത് പശ്യതി അന്യത് ശൃണോതി അന്യത് വിജാനാതി അത് എത്ര ന അന്യത് പശ്യതി നന്യത് ശൃണോത്തി നാന്യത് വിജാനാത്തി സഭൂമാ അമൃതം സുഖം അന്യമായി കാണുന്നവൻ കാണപ്പെടുന്ന വസ്തു ഒക്കെ തന്നെ ത്രിപുട്ടിഹീനമായ ചിന്മാത്രമായ വസ്തുവായി എപ്പോ അറിയപ്പെടുന്നുവോ അപ്പൊ ആനന്ദൻ അന്യം കാണുമ്പോ ഇയാൾക്ക് ഒരുപക്ഷെ ധ്യാനത്തിലിരിക്കുമ്പോ സുഖം തോന്നിയാലും ാനം വിട്ടുണർന്നാൽ ഇയാളുടെ യോഗസ്ഥിതി ഒക്കെ പോയി പോകും ഇയാളുടെ സമാധാനമൊക്കെ പോയിപ്പോകും നിലകൊലഞ്ഞു പോകും ജീവിതത്തിൽ പലത് കാണുമ്പോ പല വിഷയങ്ങൾ കാണുമ്പോൾ ഭ്രമിച്ചു പോകും അപ്പൊ ഭഗവാൻ ഇവിടെ പറഞ്ഞു ഇങ്ങനെ എന്റെ വിഭൂതിയെ ആരറിയുന്നു ഏതാം വിഭൂതിയും യോഗം ചെ രണ്ട് കാര്യമായിട്ടാണ് ഭഗവാൻ പറയുന്നത് ഒന്ന് വിഭൂതിയും ഒന്ന് യോഗവും മമയോ വേത്തി തത്വം കുറെ സൂക്ഷ്മമായ വിഷയാണ് ഇങ്ങനെ ശ്രമിക്കാം നമുക്ക് തത്വതേ താത്വികമായിട്ട് അറിയുക എന്ന് പറഞ്ഞൊരു വിഷയമുണ്ട് താത്വിക എന്ന് വെച്ചാൽ ഫിലോസഫി എന്ന അർത്ഥമല്ല അതായിട്ട് തന്നെ ഇരുന്ന് അറിയാം തത്വം ആധ്യാത്മികം ദൃഷ്ടം ദൃഷ്ടവാഹ്യതാം തത്വീഭൂതാമ തത്വാദപ്രച്ഛുതോ ഭവേ എന്ന് ഗൗഡാദാചാര്യ പുറമേക്കും ഭഗവത് ദർശനം കണ്ണടച്ചാലും കണ്ണു തുറന്നാലും ഒന്നും യോഗസ്ഥിതി വിട്ടുപോകുന്നില്ല തത്വജ്ഞാനിക്ക് പ്രഹ്ലാദൻ അങ്ങനെ ഒരു സ്ഥിതിയിലിരുന്നു അല്ലെ പ്രഹ്ലാദൻ ധ്യാനിച്ചുകൊണ്ടിരുന്നു എന്നേ പറഞ്ഞില്ല കണ്ണു തുറന്നു തന്നെയാണ് ഇരിക്കുന്നത് ഏറ്റവും അധികം വിഷമം പിടിച്ച ഒരു സന്ദർഭത്തിൽ ഇരുന്നിട്ടും ഒരു ക്ഷണനേരത്തേക്ക് പോലും യോഗ ഭ്രംശം ഉണ്ടായില്ല അതിനാണ് ഭഗവാൻ ഈ ശ്ലോകത്തിലെ അവികമ്പയോഗം എന്ന് പറയുന്നത് അപ്പോ ഏതാം വിഭൂതിം എല്ലാം ഭഗവാൻ ഉണ്ടാവുന്നത് ഭഗവത് സ്വരൂപമാണ് എല്ലാത്തിന്റെ ഉള്ളിലും ഭാഗവതത്തിന്റെ ഒരു മെസ്സേജ് ഹിരണ്യകശിപുവിന്റെ ഉള്ളിലും ഭഗവാനുണ്ട് ഹിരണ്യാക്ഷന്റെ ഉള്ളിലും ഭഗവാനുണ്ട് രാവണന്റെ ഉള്ളിലുമുണ്ട് കുംഭകർണന്റെ ഉള്ളിലുമുണ്ട് രാമന്റെ അടുത്ത് മാത്രല്ല കൃഷ്ണന്റെ അടുത്ത് മാത്രമല്ല അതുകൊണ്ടാണ് അവര് മൂന്ന് ജന്മങ്ങളിൽ കഴിഞ്ഞുപോയി അവർക്കൊരു ആന്തരികമായ ഒരു സ്പിരിച്വൽ സ്റ്റേറ്റ് ഉണ്ട് അതിന്റെ അപ്പൊ എന്താന്ന് വെച്ചാൽ ഏറ്റവും വലിയ വിഘ്നം നമുക്ക് പോയി നമുക്ക് ഭഗവാനായി കാണാം പക്ഷെ ഈ ദുഷ്ടന്മാരെയൊന്നും കാണാൻ പറ്റില്ല ുഷ്ടന്മാരില്ലാതെ നമുക്ക് ലോകത്തിലിരിക്കാൻ പറ്റുമോ എല്ലാ തരത്തിലുള്ള ആളുകളും ഉണ്ടാവും ഇവിടെ നല്ല ആളുകളും ശിവായ ശിവതറായ ശിവവും അശിവവും ഒക്കെ ഇവിടെ ഉണ്ടാവും നല്ലതും ചീത്ത ഒക്കെ ഇവിടെ ഉണ്ടാവും അപ്പൊ എല്ലാറ്റിനും പുറകില് ഉള്ള വിഭൂതി ഈശ്വര വിഭൂതിയെ അറിയുന്നു അറിഞ്ഞിട്ട് യോഗം എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ ആ കാണുന്ന വിഭൂതിയെ അറിയലൊരു കാര്യം ഇപ്പൊ നിങ്ങൾക്ക് ഭഗവത്ഗീത കേൾക്കുമ്പോൾ തന്നെ അറിയും പറയുമ്പോൾ തന്നെ അറിയും പക്ഷെ വ്യവഹാരത്തിലേക്ക് വരുമ്പോ പോയിപ്പോകും വ്യവഹാരത്തിൽ വരുമ്പോ നമ്മളുടെ സമനില തെറ്റാതെ ഇരിക്കുന്നതാണ് യോഗം സമത്വം യോഗ ഉച്ച ആ വിഭൂതിജ്ഞാനം അതിന്റെ പ്രഭാവം അതിൻ്റെ ഇമ്പാക്ട് ജാഗ്രത മുഴുവൻ ശങ്കരാചാര്യർത്ത് പറയു ജാഗ്രത്തിൽ മുഴുവൻ മനനം ചെയ്ത് മനനം ചെയ്ത് മനനം ചെയ്ത് സ്വപ്നത്തിലും അത് ദർശനമാകണം ഗീതയിൽ ഒരിടത്ത് ഭഗവാൻ പറഞ്ഞു മരിക്കുമ്പോ എന്ത് ചിന്തിച്ചുകൊണ്ട് മരിക്കണോ അടുത്ത ജന്മം അതുപോലെ എന്ന് പറഞ്ഞു അല്ലേ പ്രസിദ്ധമായ പ്രഖ്യാപനമാണ് അത് അപ്പൊ ഒരു മഹാത്മാവിന്റെ അടുത്ത് ചെന്നിട്ട് ഒരു സാധകൻ പറഞ്ഞു ഇങ്ങനെ ഞാൻ ഗീതയിൽ കണ്ടു ഞാൻ അതുകൊണ്ട് ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് ലോറിയുടെ അടിയിലേക്ക് പോകാൻ പോകും എന്തായാലും എനിക്ക് ഭഗവത് പ്രാപ്തി വേണം അതുകൊണ്ട് ഞാൻ ആ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് ആ ലോറിയുടെ അടിയിലേക്ക് അങ്ങോട്ട് പോവാ ഓടർന്ന് ലോറിയുടെ ഉള്ളിലേക്ക് അപ്പൊ എനിക്ക് ഭഗവത് നിനക്ക് പറയാപ്പാം ോറിയുടെ അടിയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ മനസ്സൊക്കെ മാറും ഇവിടുന്ന് തീരുമാനിക്കാം തീരുമാനിക്കുന്ന പോലെ ഒന്നും നടക്കില്ലാ ഇവിടുന്ന് ഇത്രയും സ്പേസ് ഉണ്ടല്ലോ അതിന്റെ ഉള്ളില് നിനക്ക് മരണ ഭഗവാനെ സ്മരിക്കണമെങ്കിൽ അതിന് ജീവിക്കണ കാലം മുഴുവൻ സ്മരിക്കണം മരിക്കണ സമയത്ത് ഭഗവാൻ വരും എന്നുള്ളതിന് ഉറപ്പ് എന്ന് വെച്ചാൽ സ്വപ്നത്തിൽ നിരന്തരം ഭഗവത് ദർശനം ഉണ്ടാവണമുണ്ടെങ്കിൽ മരണം പറ്റില്ല ജാഗ്രത്തിലും മുഴുവൻ ഉണ്ടാവുന്ന ശ്രവണ മനനം കൊണ്ട് സ്വപ്നത്തിലും ബ്രഹ്മവിചാരം ഉണ്ടാവണമുണ്ടെങ്കിൽ മരണകാലത്തിനെ ഭയപ്പെടണം അല്ല നമ്മൾ ജാഗ്രത എന്തൊക്കെയൊക്കെ കാണിച്ചാലും സ്വപ്നത്തിലാവുമ്പോൾ പഴയ ആളുകളൊക്കെ പുറപ്പെടും അല്ലേ രാമായണം പറയണ ഒരു ആള് പറഞ്ഞു എത്രയോ പേർക്ക് രാമദർശനം കിട്ടി ത്യാഗരാജസ്വാമികൾക്കൊക്കെ കിട്ടി എനിക്ക് രാമായണം ഇത്ര കാലം മുപ്പത് നാൽപ്പത് വർഷം പറഞ്ഞിട്ട് സ്വപ്നത്തില് രാമനെ അല്ലാതെ ബാക്കി കുംഭകർണൻ ശൂർപ്പണക താടക ഒക്കെ വരുന്നുണ്ട് സ്വപ്നത്തില് എന്നുവെച്ചാൽ മനസ്സ് ജ്ഞാനിയുടെ സൂക്ഷ്മ ശരീരം അതിന്റെ സ്വരൂപം എന്താണ് ജ്ഞാനിയുടെ സൂക്ഷ്മ ശരീരം ജ്ഞാനമയം തപഹാം യസ്യാനമയം തപഹാണ് ജ്ഞാനിക്കൊരു സൂക്ഷ്മ ശരീരമുണ്ട് ആ സൂക്ഷ്മ ശരീരത്തിന്റെ സ്വഭാവം എന്താണ് അത് ജ്ഞാനപ്രകാശമാണ് ജ്ഞാനസ്പന്ദനമാണ് ജ്ഞാനപ്രസരമാണ് സ്വാനുഭൂതി സ്വരൂപമാണത് ചിന്മാത്ര രൂപമാണത് അതില് സാധാരണ ഉള്ള രാഗം ദ്വേഷം അധ്യവസായം വികാരങ്ങള് ഭാവനകള് ഇമേജസ് ഒന്നുമില്ല അവിടെ ബ്രഹ്മാകാര മാത്രമേ ഉള്ളൂ നിമേഷാർത്ഥമ പിന് തിഷ്ടതി വൃത്തിം ബ്രഹ്മമയീം വിന യഥാതിഷ്ടന്തി ബ്രഹ്മാദ്യഹ സനകാദ്യ ശുഖാദയ ശുദ്ധ ചിന്മാത്രമായ സ്ഫൂർത്തി സ്ഫുരണയോടുകൂടിയാണ് ജ്ഞാനി ശരീരത്തിൽ ഇരിക്കുന്നത് ജ്ഞാനിക്ക് ശരീരം നിൽക്കുമ്പോഴൊരു ശക്തി വേണമല്ലോ ജ്ഞാനിക്കൊരു മനസ്സുണ്ടല്ലോ ആ മനസ്സിന്റെ സ്വരൂപം എന്താണ് മനസ്സും ഭഗവാനാണ് മനസ്സും ചിന്മാത്രമായ ശക്തിയാണ് മനസ്സ് ബ്രഹ്മാകാര വൃത്തിയായിട്ട് ജ്ഞാനസ്വരൂപമായിട്ട് തന്നെ ഇരിക്കുന്നു അപ്പൊ എന്താ അവികമ്പയോഗം എന്ന് പറഞ്ഞു ഭഗവാൻ സഹ അവികമ്പേന യോഗേന യുജ്യതേനാത്ര സംശയം ഈ ശ്ലോകം വായിച്ചോ വായിച്ചോ ഏതാം വിഭൂതിം യോഗം ച േത്രത്തെ അവന് വിം ചല അവിക്കലില്ലാത്തോ ഭഗവാൻ നാമത്തിനെ ജപിച്ചുകൊണ്ട് ഉള്ളിൽ ഒരു ശ്ലോകം പറയാം ഹരിനാമ കീർത്തനത്തിലൊരു ശ്ലോകമുണ്ട് യാതൊന്നു കാണ്പത നാരായണ പ്രതിമ യാതൊന്നു കേൾപ്പതതു നാരായണശ്രുതികൾ യാതൊന്നു ചെയ്തതു നാരായണാർച്ചനകൾ യാതൊന്നിതൊക്കെ ഹരിനാരായണായ നമ ഇത് തന്നെ അവികമ്പയോഗം ഇത്രയേ ഉള്ളൂ അവികമ്പയോഗം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഒരു ക്ഷണനേരത്തിലേക്കും ഭഗവത് സ്മൃതി വിട്ടു സദാ ഭഗവത് സ്മൃതി ജാഗ്രതമായിട്ട് ഇരിക്കണു ഇടയ്ക്കൊന്ന് ചലിച്ചു പോയാൽ ഏകാന്തത്തിലിരുന്ന് അനുസന്ധാനം ചെയ്ത് തത്വവിചാരം ചെയ്ത് തത്വീഭൂതനായിട്ട് തീരാ തദാ രാമനായിട്ട് തീരാ അങ്ങനെയാണ് തത്വമായിട്ട് തന്നെ ഇരിക്കണു തത്വത്തിൽ തന്നെ രമിക്കണം തത്വം ഭഗവാൻ അർത്ഥം തത്വത്തിന് വദന്തി തത്വവിധാ തത്വം യജ്ഞാനമദ്വയം ബ്രഹ്മേതി പരമാത്മേത്തി ഭഗവാൻ ഇതി ശബ്ദത്തെ ഭഗവാന് തന്നെ തത്വം എന്ന് പറയണത് ഭഗവത് സ്മരണം ഒരു ക്ഷണനേരത്തേക്കും വിട്ടുപോകാതെ അതുകൊണ്ടാണ് ലളിതമായ സാധനം എന്താ ഭഗവാൻ നാമം ജപൻ ചെയ്യാം കേൾക്കാൻ വളരെ സിമ്പിളായിട്ട് തോന്നും ഈ ഒരു സിമ്പിൾ സാധനമതി ഒരു നാമം ആ നാമം വിടാതെ അനുസ്യൂതം ധാരമുറിയാതെ ജപിക്കാം മനസ്സിൽ എന്ത് ചിത്തവൃത്തികൾ വരുമ്പോഴും അതൊക്കെ ഈ ഭഗവന്നാമം കൊണ്ട് പതുക്കെ പതുക്കെ പതുക്കെ ശമിക്കും ഓരോ നാമവും ഒരു പൊട്ടൻഷ്യൽ എക്സ്പ്ലോസീവാണ് അതിനകത്ത് എല്ലാ ഭാവശക്തിയുമുണ്ട് അത് പതുക്കെ പതുക്കെ ഉള്ളിൽ പോയി ഈ നാമജപത്തിനെ എല്ലാ മഹാപുരുഷന്മാരും അനുകൂലിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ബാക്കി സാധനങ്ങൾക്ക് ഒരു ആദ്യമുണ്ട് ഒരു അവസാനമുണ്ട് പിന്നെ വിധി നിഷേധങ്ങൾ എന്തൊക്കെയോ പറഞ്ഞ് കെട്ടിയിട്ട് വെച്ചു ഇതിന് വിധി നിഷേധമൊന്നുമില്ല ആദ്യം ഇല്ല അവസാനം ഇല്ല തുടങ്ങി അവസാനിക്കും ഗീത ചൊല്ലുക എന്ന് വെച്ചാൽ ഒരു മണിക്കൂറിൽ കഴിഞ്ഞു പോകും ഭാഗവതം വായിക്കുക എന്ന് വെച്ചാൽ ഏഴു ദിവസത്തിൽ കഴിഞ്ഞു പോകും ഇനിയിപ്പോൾ ഇതൊക്കെ ചിലപ്പോൾ ഇതിലൊക്കെ ഒരു അഭിമാനവും വരും ശ്ലോകം ചൊല്ലിയാ എന്നെ പോലെ ശ്ലോകം ചൊല്ലുന്നവരാരും ഇല്ല ബാക്കിയുള്ളവരൊക്കെ ചൊല്ലുന്നതൊക്കെ തെറ്റെന്നൊക്കെ തോന്നും നാമം ജപിക്കണതിൽ ഏകദേശം ആ ദൂഷ്യമൊന്നും വരാൻ സാധ്യതയില്ല സിംപിളാണ് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടോ ചെയ്തോള എന്നാണ് ചെയ്യണമെന്നുണ്ടോ നാവൊന്നേ വേണ്ടു ഹരിനാരായണായി നമുക്ക് ജപം ചെയ്തോണ്ടേ ഇരിക്കാം ജപം ചെയ്തോണ്ടേ എന്താ എല്ല ഇവിടെ പലതില്ല കാണുന്നതൊക്കെ സ്വരൂപമാണ് ഭഗവാൻ മാത്രമേ ഉള്ളൂ എല്ലാം കാണുന്നതൊക്കെ പരമേശ്വര സ്വരൂപമാണെന്ന് വീണ്ടും വീണ്ടും വീണ്ടും വീണ്ടും അനുസന്ധാനം ചെയ്ത് ചിത്രത്തിൽ വൃത്തികൾ നടക്കാം ഈ മനസ്സെന്ന് പറയണത് ആ ദൈവീശക്തിയുടെ ആദ്യ ആവിർഭാവമാണ് നിശ്ചലമായ ബോധത്തില് ആദ്യമായി ഉണ്ടാവുന്ന മാനിഫെസ്റ്റേഷൻ എന്താണ് ആവിർഭാവം അഭിവ്യക്തി ഈ മനസ്സാണ് അല്ലേ പുറങ്ങുമ്പോ സുഷുപ്തിയിലൊന്നും അറിഞ്ഞില്ല എഴുന്നേറ്റ ഉടനെ ആദ്യം ഞാൻ എന്നൊരു വിചാരം വന്നു നോക്കൂ അങ്ങനെ കണ്ട വളരെ വിചിത്രമായിരുന്നു ആദ്യം ഞാൻ എന്നൊരു വിചാരം ശങ്കരാചാര്യർ പറഞ്ഞു അഹോ പുരുഷിക ആ ശക്തി ആദ്യമായിട്ടൊരു പേഴ്സണാലിറ്റി ആയിട്ട് ഞാഹാൻ എന്ന് പറഞ്ഞ് പൊന്തി എത്ര അവിടെയാണ് ആദ്യമായ ജഗതീശ്വരിയുടെ ആവിർഭാവം അഹോ പുരുഷിക ഷീസ് ഇൻസെപ്പറബിൾ ഫ്രം ദ സെൽഫ് അറ്റ് ദ സെയിം ടൈം ഷീസ് എ സെപ്പറേറ്റ് ഫോഴ്സ് അഹോ പുരുഷിക ചിത്ത് അങ്ങനെ പൊന്തി ഞാൻ എന്ന് പറഞ്ഞ് ഉദിച്ചു ു വീണ്ടും അവിടേക്ക് പോകും വീണ്ടും ഉദിക്കും അതിൽ ആ പിന്നെ വിരിഞ്ഞു വന്നു മനസ്സ് മനസ്വം വ്യോമത്വം മരുദസി മരുത്സാര തിരസി ത്വമാപസ്വം ഭൂമി ത്വി പരിണതാ നഹ് പരം ത്വമേവ സ്വാത്മാനം പരിണമയത്തും വിശ്വപുഷാ ശിവയുവതി ഭാവേന ബിഭൃഷേ ദുഃഖത്തന്നെ ആ പരമേശ്വരിയുടെ ജഗദീശ്വരിയുടെ സ്വരൂപമാണ് ഭഗവാൻ ഇതൊക്കെ തന്നെ ഞാനാണെന്ന് പറയുമ്പോൾ ശക്തി അല്ലെ ശുദ്ധ ശിവത്തിൽ സൃഷ്ടിയേ ഇല്ല ഒക്കെ ശക്തി ശക്തിയുടെ മണ്ഡലമാണ് കൃഷ്ണൻ ശക്തിയാണ് നാരായണൻ ശക്തിയാണ് സൃഷ്ടിക്ക സ്ഥിതി സംഹാരം ഒക്കെ ശക്തിയുടെ ലീലയാണ് ഇതൊക്കെ തന്നെ ആ പരമേശ്വരന്റെ ലീലാ കേന്ദ്രമാണ് അപ്പൊ ഇതൊക്കെ തന്നെ ഉണ്ടായി നിന്ന് മറണത് ഭഗവാനിലാണെന്ന് ആരും അറിയണമോ മനസ്സിലുള്ള ഓരോ ചലനവും അച്ചിത്തില് ഉണ്ടാവുന്ന മൂമെന്റ് ആണ് കടലില് അലയുണ്ടാവണ പോലെ അച്ഛത്ത് ചിത് സമുദ്രത്തിൽ ഉണ്ടാവുന്ന വീച്ചി തരംഗങ്ങളൊക്കെയാണ് ഈ ചിത്തവൃത്തികളായിട്ടും അഭിമാനമായിട്ടും ഒക്കെ അങ്ങനെ അങ്ങനെ ഒന്ന് മനനം ചെയ്ത് ഒന്ന് ഇൻട്രോബർട്ടഡ് ആയിട്ട് മനനം ചെയ്യണം ഉണ്ടാവുന്ന നിശ്ചലമായ ചിത്തിൽ ഈ മനസ്സ് ഇളകി പുറപ്പെടണം ഈ ഇളകുന്ന മനസ്സ് എവിടെ ഇളകണു ചിത്തിൽ തന്നെയാണ് എവിടെ ലയിക്കണു ചിത്തിൽ തന്നെയാണ് ചിത്തിൽ ഉദിച്ച് നിന്ന് അസ്തമിക്കണത് ചിത്ത് തന്നെയാണ് ചിത്സലീലെന്ന് തന്നെയാണ് ഇതൊക്കെ ഇങ്ങനെ സകലതും ചിന്മാത്രമാണെന്ന് നിശ്ചയിച്ച് അതിൽ അന്യമൊന്നുമില്ലെന്ന് നിശ്ചയിച്ച ആൾക്ക് അവി സഹ അവികമ്പേണ യോഗേണ യുജ്യതേനാത്ര സംശയ അവൻ അവികമ്പയോഗത്തില് ഭഗവാന്റെ വിഭൂതിയും യോഗത്തിനെയും അറിഞ്ഞ ആള് അവികമ്പയോഗം വിഭൂതിയും യോഗവും എന്നാൽ വിശേഷേണ ഭൂതി പ്രപഞ്ചത്തിൽ എവിടെ നോക്കിയാലും ഭഗവാന്റെ മാനിഫെസ്റ്റേഷൻ ആര് കാണുന്നുവോ അവന്റെ യോഗസ്ഥിതി വിട്ടുപോണേയില്ല ഇനി ചില പ്രത്യേക രീതിയിൽ പറയുകയാണെങ്കിൽ മഹാപുരുഷന്മാർ ഇപ്പം ചില പേർ രാമകൃഷ്ണ പരമാംസർ ഭാഗവതത്തിൽ യോഗികൾ ഗോപസ്ത്രീകൾക്ക് എന്തിനെ കാണുമ്പോഴും കൃഷ്ണനെ ഓർമ്മ വരിക പുനഃ പുനഃസ്മാരയാന് കൃഷ്ണനെ സ്മരിപ്പിക്കുന്നു ഓർമ്മിപ്പിക്കുന്നു ഇതൊക്കെ ഭഗവാന്റെ വിഭൂതിയാണ് നമുക്ക് ഇങ്ങനെ എല്ലാ സ്ഥലത്തൊന്നും കാണാൻ വയ്യാത്തത് ഒരു തീർത്ഥക്ഷേത്രത്തിൽ പോകുന്നത് ഒരു ദിവ്യക്ഷേത്രത്തിൽ പോകുന്നു വൃന്ദാവനത്തിൽ പോകുന്നു അവിടെ യമുന അവിടെ കാളിന്ദിഹി ഗോവർദ്ധനം അരുണാചല ക്ഷേത്രത്തിൽ വന്ന അരുണാചലം ഹിമാലയത്തിൽ പോയാൽ ഹിമാലയം ഗംഗ ഇതൊക്കെ കാണുമ്പോഴെങ്കിലും ഒരു ദിവ്യത്വം ഉള്ളിലെ കണ്ണു തുറന്ന് ഭഗവാനെ കാണണം കണ്ണടച്ചിട്ട് മാത്രമല്ല കണ്ണു തുറന്നിരിക്കുമ്പോഴും ചലിച്ചു പോവാത്ത ഭഗവത് സ്മരണ ഉണ്ടാവണം പ്രഹ്ലാദൻ അങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെ പ്രഹ്ലാദൻ അത് ഉണ്ടായിന്ന് ചോദിച്ചാൽ പ്രഹ്ലാദൻ അതിന്റെ സീക്രട്ട് പറയണ്ട് എനിക്ക് ഭഗവാൻ പ്രഹ്ലാദനെടുത്ത് ഹിരണ്യകൃഷിപ്പ് ചോദിക്കണം എവിടെയാണ് നാരായണൻ പ്രഹ്ലാദൻ പറഞ്ഞു നാരായണൻ ഒന്നും കാണാനില്ലല്ലോ എല്ലാരും ചോദിച്ചു പ്രഹ്ലാദത്തിനടുത്ത് ഞങ്ങൾക്കൊന്നും കാണാനില്ലല്ലോ അത് നിങ്ങൾ നാരായണൻ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു സാധനമാണ് ധരിച്ചിരിക്കുകയാണ് ത്വം വായു അഗ്നി അവനി അമ്പുമാത്രാഹേന്ദ്രിയണി ഹൃദയം ചിത് അനുഗ്രഹശം ത്വമ സഗുണോ വിഗുണശ ഭൂമന് നാന്യത്വസ് മനോവചസാനിരുതം പ്രഹ്ലാദന്റെ ദർശനം അങ്ങനെയാണ് ഇത് ഇതെന്താണ് ഇത് കോലാണ് ഇത് കോലാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണ് ഇത് നാരായണൻ ഒരു പ്രത്യേക രൂപത്തിൽ ഇരിക്കണം ഇത് എന്താണിത് പുഷ്പമാണ് ഇത് പുഷ്പമാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണ് നാരായണൻ ഒരു പുഷ്പത്തിന്റെ രൂപത്തിൽ ഇരിക്കണം ഇത് പുസ്തകമാണെന്ന് തോന്നുകയാണ് നാരായണൻ പുസ്തകത്തിന്റെ രൂപത്തിൽ ഇരിക്കുന്നു മയക്കിന്റെ രൂപത്തിൽ നാരായണൻ ഇരിക്കണം വൃക്ഷത്തിന്റെ രൂപത്തിൽ നാരായണൻ ഇരിക്കണം പക്ഷെ ഇതിപ്പോൾ ഇങ്ങനെയല്ല നാരായണൻ നാരായണം പറഞ്ഞുകൊണ്ടിരിക്കണോ വേണ്ട ഭഗവാനിൽ നിന്ന് അന്യമായ ഒന്നും ഉണ്ടായിട്ടില്ല അറിയുമ്പോൾ ചിത്തവൃത്തികളേ ഉണ്ടാവില്ല അല്ലാതെ എല്ലാം നാരായണൻ ചിന്തിക്കാൻ പോയാൽ അതൊരു വലിയ തലവേദനയാവും അതുകൊണ്ടാണ് അടുത്ത ശ്ലോകത്തില് പ്രഹ്ലാദൻ തന്നെ പറയുന്നത് ഏവം വിമൃശ്യ സുധിയഹ വിരമന്തി ശബ്ദ ഇങ്ങനെ നല്ലവണ്ണം വിചാരം ചെയ്തിട്ട് യോഗികൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ചിന്തിക്കണത് അങ്ങോട്ട് ചിന്തയ്ക്ക് കാര്യമേയില്ല കാരണം ചിന്തയ്ക്ക് പ്രയോജനം എന്താന്ന് വെച്ചാൽ അന്യവസ്തുക്കളെ അറിയലാണ് ചിന്തയുടെ ജോലി അന്യവസ്തു ഒന്നുമില്ലെങ്കിൽ എന്തിനു ചിന്തിക്കും ചിന്ത എവിടെ ചിന്ത തന്നെ ഭഗവാന്റെ സ്വരൂപമാണല്ലോ ചിത് വൃത്തി തന്നെ ഭഗവത് സ്വരൂപമാണല്ലോ എല്ലാം ഭഗവത് സ്വരൂപമാണ് എന്ന് ആ ഏകതത്വ ദൃഢാഭ്യാസം ഏകചിന്തനം അതിങ്ങനെ പതുക്കെ പതുക്കെ ചെയ്യുമ്പോൾ മൈൻഡ് ബിക്കംസ് ദ ലാംഗ്വേജ് ഓഫ് ദ സെൽഫ് ഇറ്റ് വിൽ നോ മോർ ബി എ ബ്ലാബറിങ് ഇൻസ്ട്രുമെന്റ് അതിനുള്ളില് അന്തര്യാമയുടെ ഭാഷ പറഞ്ഞു തുടങ്ങുമത് ഇറ്റ് വിൽ ഡയറക്ട് കം ഫ്രം ദാർട്ട് അതിന് അതിന്റെ ഭാഷ അത് അലൌകികമായ ഭാഷ പറഞ്ഞു തുടങ്ങും അത് തന്നെ ഗുരുവായിട്ട് തീരും അത് തന്നെ മിത്രമായിട്ട് തീരും ഞാനിയുടെ മനസ്സ് തന്നെ ഈശ്വരനായിട്ട് തീരും ഞാനിയുടെ മനസ്സ് തന്നെ ഈശ്വരന്റെ ശക്തിയായിട്ട് തീരും ഞാനിയുടെ മനസ്സ് തന്നെ ഹൃദയമായിട്ട് തീരും ഈശ്വരൻ നിയത്തി ഞാനിയുടെ മനസ്സിൽ ചിത്തവൃത്തികളായിട്ടും സങ്കല്പങ്ങളായിട്ടും നിൽക്കും ഉദിക്കും സ്വസങ്കല്പമോ ഒരാഗദ്വേഷമോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇതൊക്കെ ജ്ഞാനിയുടെ സ്ഥിതി സാധകനെന്താണ് രാഗദ്വേഷം പോണം അല്ലേ പല സാധകന്മാരും വലിയ സാധനയും യോഗവും ഭക്തിയും ഒക്കെ കാണിക്കും ഈ സ്പിരിച്വൽ ഫീൽഡിലുള്ള വേഷം കെട്ടികൾ വേറെ എവിടെ ഇല്ല ഒക്കെ വേഷം കെട്ടൊക്കെ കാണിച്ചിട്ട് അവരുടെ ഉള്ളിൽ എന്തൊരു വെറുപ്പും ദ്വേഷമാണ് ചിലരെ കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടമല്ല ചിലരെ കണ്ട ഇഷ്ടാണ് കുറ്റവും കുറവും ദ്വേഷവും വെറുപ്പും മാത്സര്യവും ദുഃഖം കഴിഞ്ഞിട്ട് ധ്യാനവും സമാധിയിലും ഒക്കെ ഇരിക്കും എന്നിട്ട് ഒരു പ്രയോജനവും ഇല്ല വ്യവഹാരത്തിലാണ് ദുഃഖം കഴുകിക്കളയേണ്ടത് പതുക്കെ പതുക്കെ പതുക്കെ ആരുടെങ്കിലും വെറുപ്പ് തോന്നുന്നെങ്കിൽ ആദ്യം അവരെ മനസ്സിൽ കൊണ്ടുവന്ന് പൂജിക്കണം അവരുടെ ഉള്ളിൽ ഭഗവാനുണ്ട് അവരുടെ ഉള്ളിൽ ഭഗവാനുണ്ട് അവരെ ഉള്ളു കൊണ്ടൊരു സഹസ്രനാമ അർച്ചന ചെയ്യണം അവരോട് വെറുപ്പ് തോന്നുന്നുണ്ടോ ഭഗവാൻ അവരുടെ ഉള്ളിൽ അന്തർയാമിയായിട്ടുണ്ട് ഞാൻ വെറുത്താൽ ഭഗവാനെയാണ് വെറുക്കുന്നത് ഇല്ലേ ഞാൻ ഭഗവാനല്ല വെറുക്കണത് വേറെ ആരും ആണ് വേറെ ആരുണ്ട് എന്നുള്ളതാണോ കുഴപ്പം അതെങ്ങടെ എടുത്തു കളയുക ഇനി ഒരു പക്ഷെ എവിടെയെങ്കിലും വെറുപ്പ് തോന്നുമെങ്കിൽ അതിനടുത്തേ പോവാതെ ആ വികാരം ഉണ്ടാവാതിരിക്കുക ചിലപ്പോഴൊക്കെ ചിലതൊന്നും സാധനം കൊണ്ട് സാധിക്കില്ല അപ്പോ അടുത്തു പോവാതിരിക്കുക എങ്ങനെയെങ്കിലുമൊക്കെ ഈ ചിത്തവൃത്തി ഇതൊക്കെ ചേർന്നു വരുന്നു ഒരു സാമ്പാർ ഉണ്ടാക്കണ പോലെ എല്ലാം കൂടെ ഒരു നയിപ്പ് ഉണ്ടാവണമെങ്കിൽ ഒക്കെ കൂടെ ചേർക്കണല്ലോ അല്ലേ അതുപോലെ ചിലപ്പോ ചിത്തവൃത്തി ഇതിന്റെയൊക്കെ എസെൻസ് എന്താണ് വൃത്തി നിരോധന ഇതിന്റെ ഒക്കെ എസെൻസ് എന്താണ് ഈ ജ്ഞാനം കൊണ്ടൊക്കെ അവസാനം എന്ത് നേടി ചിത്തവൃത്തികളെ ഇല്ല ചിത്തവൃത്തികളില്ലാന്ന് വെച്ചാൽ ഉറക്കാണോ ഉറക്കല്ല പിന്നെ എന്താ ഒരു കഷായ സ്ഥിതിയാണോ ഒരു മൂഡ് ഓഫ് ആയിട്ടുള്ള ഒരു സ്ഥിതിയാണോ അല്ല പിന്നെന്താ ഉള്ളില് ശുദ്ധമായി സോളിഡായിട്ട് ഫിസിക്കലായിട്ട് കാണുന്ന വസ്തുക്കളെക്കാളും പ്രബലമായി ചിത്രൂപമായ വസ്തു സ്വയം പ്രകാശമാനമായ ചിത്ത് താനേ താനായി പ്രകാശിച്ച് നിൽക്കുമ്പോഴേ ചിത്തവൃത്തി നിരോധായിട്ടുള്ളൂ സമാധി എന്ന് പറയണത് എത്ര ചെയ്വ് ആത്മനാ ആത്മാനം പശ്യൻ ആത്മനി തുഷ്യതി അവിടെ ആത്മാവിനെ ആത്മാവ് കൊണ്ട് തന്നെ സ്വയം കണ്ട് ആ പ്രകാശം കണ്ട് രസിക്കും അന്തരേവ പ്രകാശത്തെ എന്ന് ശശ്വതഅന്തരേവ അങ്ങനെയുള്ള ആ ചിജ്യോതിയുടെ ദർശനമാണ് അവികമ്പയോഗം എന്ന് പറയുന്നത് ആ അവികമ്പയോഗത്തിന് സാധന വേദാന്ത സാധന എന്താണ് വേദാന്തത്തിന് ഉപനിഷത്ത് പറഞ്ഞു അരേ അയമാത്മാശ്രോതവ്യ ശ്രവണവിധിയാണ് അരേ എടോ ആരെ എടോന്ന് വിളിക്കണത് എന്ന് വെച്ച ഭാര്യയാണ് യാജ്ഞവൽക്യൻ തന്റെ മൈത്രി എന്ന തന്റെ ഭാര്യ ഉം സ്ത്രീകളെ എടോന്ന് വിളിക്കണത് പ്രിയം വരുമ്പോഴാണ് അല്ലേ പുരുഷന്മാരെ എടിയെന്ന് വിളിച്ചാൽ അതും പ്രിയാണ് ചെറിയ കുട്ടികളെയൊക്കെ ചിലപ്പോൾ ആൺകുട്ടികളെ ഡി എന്ന് വിളിക്കും പെൺകുട്ടികളെ ഡാന്ന് വിളിക്കും പ്രിയം കൊണ്ടാണ് യാജ്ഞവൽക്യൻ മൈത്രിയിയോട് അത്രയും പ്രിയമായിട്ട് എന്താ പ്രിയത്തിന് കാരണമെന്ന് വെച്ചാൽ ബ്രഹ്മവിദ്യ ചോദിച്ചു അതൊന്നും വേണ്ട എന്ന് പറഞ്ഞു ആ ബ്രഹ്മവിദ്യ ചോദിച്ചപ്പോൾ അരേ മൈത്രിയിത്മാ ദ്രഷ്ടവ്യഹ ഈ ആത്മാവിനെ സാക്ഷാത്തായിട്ട് കാണേണ്ടിയിരിക്കുന്നു കാണുക എന്ന് വെച്ച ദൃശ്യ പുറമേക്കല്ല കാണു പുറമേക്ക് കാണുന്നതിനെക്കാളും പ്രത്യക്ഷമായിട്ട് അപരോക്ഷമായി കാണണ്ടേ എങ്ങനെ കാണും ശ്രോതവ്യോ മന്തവ്യമോ നിതിധ്യാസിതവ്യ ഈ ആത്മാവിനെ ഹേ മൈത്രേ വീണ്ടും വീണ്ടും ആരാണോ അനുഭവിച്ചിരിക്കുന്നത് സാക്ഷാത്തായിട്ട് കണ്ടനുഭവിച്ചിരിക്കണത് ആ അപരോക്ഷ ജ്ഞാനികളുടെ വാക്കില് ർശനത്തിന്റെ ശക്തി ഉണ്ടാവും അത് കേട്ട് മനനം ചെയ്ത് നിതിധ്യാസനം ചെയ്ത് അറിയണം ഇതിനെ തന്നെ ഭഗവാൻ ഗീതയില് കുറച്ച് വ്യത്യാസമായിട്ട് ഭക്തിഭാവത്തിലായിട്ട് ഭഗവാൻ പറയുന്നു അഹം सर्वस्य പ്രഭവ അടുത്ത ശ്ലോകം നോക്കൂ